ിച്ച വിശ്വാസത്തിൻ്റെ എല്ലാ നല്ല വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു എനിക്ക് ഞാൻ വിചാരിക്കുന്ന പലർക്കും സാക്ഷ്യം പറയാൻ ഇന്ന് സമയക്കുറവുകൊണ്ട് കഴിയാതെ പോയിട്ടുണ്ടാവും നമ്മളെല്ലാവരെയും ഹൃദയത്തിൽ ഇന്ന് കഥാവ് ചില പുതിയ ബോധ്യങ്ങളും ഉറപ്പുകളും തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു വാക്യം മാത്രം പറയാം ഈ വിശ്വാസത്തിൽ നമ്മുടെ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും വളരെ നമ്മൾ സന്തോഷത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുക കുഴപ്പമില്ല പല കാര്യങ്ങളിൽ നമുക്കൊരു ജയം ലഭിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സന്തോഷിച്ച് പോകുമ്പോൾ ആണ് ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്നൊരു കാര്യം ഒരു രോഗമാകട്ടെ അല്ലെങ്കിൽ കേട്ടതുപോലൊരു ഒരു വീഴ്ചയാകട്ടെ അവിടെ ഇങ്ങനെ പതറിപ്പോകുക എല്ലാം വളരെ സ്മൂത്തായിരുന്നു പഴയതിനേക്കാളൊക്കെ നല്ലൊരു ഉറപ്പുള്ളൊരു ജീവിതം കത്താവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വരുമ്പോൾ നാം പെട്ടെന്ന് പതറിപ്പോകുന്ന ആ കാര്യങ്ങളിപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ ക്ഷണിച്ചു പോകുന്ന അവസ്ഥയാണ് അല്ലെ നമുക്കെല്ലാം സമാനമായിട്ട് ഇത് എന്നോട് സമാനമായ കാര്യങ്ങളായിരിക്കും നമുക്ക് പറയാനുള്ളത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട് ഇവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് നമുക്ക് വിശ്വാസത്തിലൊരു സ്ഥിരത പലപ്പോഴും ഇല്ല ഇന്നലെയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു ഇന്ന് പെട്ടെന്ന് ഒരു രോഗം വന്നപ്പം ഞാൻ ആ പാടി പതറിപ്പോയി അല്ലെങ്കിൽ പെട്ടെന്ന് സാമ്പത്തിക വിഷയം അലട്ടിയപ്പോൾ എനിക്ക് ഞാനങ്ങ് പതറിപ്പോകുന്നൊരവസ്ഥ അവിടെ ഇത് കർത്താവ് കാണുന്നു കർത്താവ് കണ്ട് കർത്താവ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചില കാറ്റും കോളും അതേപ്പറ്റി യാക്കോബിൻ്റെ ലേഖനം മൂന്നാം വാക്യം എങ്ങനെയാണ് ഒന്നിൻ്റെ മൂന്നെങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു അപ്പം നമുക്ക് സ്ഥിരമായ ഒരു സ്ഥിരതയുള്ളൊരു വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലൊരു പരീക്ഷകൾ അനുവദിക്കും ചില കാറ്റും കോളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും സമയത്തു നിന്നും ഒക്കെ സമയത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദൈവം അനുവദിക്കും ഞാനിങ്ങനെ ഒരു കഥ ഒരു ഒരു ഒരു അരിസോണ എന്ന് പറയുന്ന ഒരു ഒരു ഡെസേർട്ടിൽ നടന്നൊരു പരീക്ഷണത്തെ പറ്റി വായിച്ചിട്ടുണ്ട് അവിടെ ഒരു ശാസ്ത്രജ്ഞന്മാർ ഒരു മൂന്നേക്കർ ഒരു ഗ്ലാസ് ഡോം അരിസോണ ഡെസേർട്ടിൽ ഒരു മൂന്നേക്കറോളം വലിയ വസതിയിൽ ഗ്ലാസ് ഡോം പണിത് അതിനുള്ളിൽ വിവിധ വഛക്ഷങ്ങൾ അവർ പ്ലാന്റ് ചെയ്തു ധാരാളം മൂന്നേക്കറിൽ നിറയെ വക്ഷങ്ങളാണ് ഈ വക്ഷങ്ങൾ അവർ ശ്രദ്ധിച്ചപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കലാപത്തിനകത്ത് മഴ കൊടുക്കുന്നു അതിനകത്ത് വേണ്ട ഹ്യൂമിഡിറ്റി കൊടുക്കുന്നു ഹ്യൂമിഡിറ്റി അധികമാകുമ്പോൾ അത് ഡീഹ്യൂമിഡി ഫെയർ വെച്ച് അത് കളയുന്നു ഇതെല്ലാം വളരെ ശാസ്ത്രീയമായ നിലയിൽ ചെടികൾക്ക് വേണ്ട ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള എൻവയറമെൻറ്റ് ഉണ്ടാക്കി ഈ മൂന്നേക്കറിൽ നിറയെ വച്ഛങ്ങൾ നിറച്ചു പക്ഷേ ഇത് വളരെ വളരെ വേഗത്തിൽ ഇത് വളർന്നു വളരെ വേഗത്തിൽ പുറത്തുള്ള വൃക്ഷങ്ങൾ വളർന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഈ വശങ്ങളെല്ലാം വളർന്നു വലുതായി പക്ഷെ ഒരു ദിവസം ഒരു ഈ വലുതായ വശങ്ങളിൽ ഒന്ന് ചുവട് പിഴുതു അതേ തുടർന്ന് മുഴുവൻ വക്ഷങ്ങൾ ഈ മൂന്നേക്കറിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും കടപഴകി വീണു എന്താണ് എന്താണ് സംഭവിച്ചത് വൃക്ഷങ്ങളുടെ വളർച്ചയിൽ കാറ്റും മഴയും അല്ലെങ്കിൽ മഴയും മഞ്ഞുമൊക്കെ പോലെ അത്യന്താ അത്യതാപേക്ഷിതമായിട്ടൊരു കാര്യമാണ് വിൻ സ്ട്രെസ് കാറ്റിൻറ്റേതായ സ്ട്രെസ്സിനെ ഈ വൃക്ഷങ്ങളതിജീവിക്കണം കാറ്റില്ലാത്ത അല്ലെങ്കിൽ ഈ ഡോമിനകത്ത് കാറ്റുണ്ടായിരുന്നില്ല അവിടെ വെള്ളമുണ്ട് അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ട് അങ്ങനെയുള്ള ചൂടുണ്ട് എല്ലാം ക്രമീകൃതമായ അളവിൽ വന്നു പക്ഷെ അവിടെ കാറ്റുകളില്ല കാറ്റില്ല അപ്പോൾ കാറ്റില്ലാത്ത അവസ്ഥയിൽ എന്തു ഈ വേരുകളൊക്കെ അതിനൊരു പ്രതിരോധശേഷി കൈവരിക്കാതെ അതങ്ങനെ തന്നെ മുരടിച്ച് നിന്നു വേറിന് വളരേണ്ട ഒരു കാര്യമില്ല കാരണം അതിന് വേണ്ടതെല്ലാം അവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റി സെൽഫ് എയ്റ്റ് താങ്ങാൻ പറ്റാതെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റെ സ്വയംഭാരം തന്നെ യാതൊരു പ്രകോപനവും കൂടാതെ അത് മറിഞ്ഞു വീഴുക ആ ഉച്ചത്തിൻ്റെ ആ കൂട്ടത്തെ മുഴുവൻ നോക്കുക നിലമ്പൊത്തി പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ പരീക്ഷയുമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അനുവദിക്കുന്നത് ഈ നിലയിൽ നമ്മുടെ വേദികൾ വിശ്വാസത്തിൻ്റെ വേദികൾ ആഴത്തിൽ കർത്താവിൽ ഉറക്കാനായില്ല ഈ പരീക്ഷകളില്ല ഇതല്ലേ പറയുന്നത് അതുകൊണ്ട് എന്താ യാക്കോഫസ്വറിന് ഇത് ഈ സത്യം പറഞ്ഞത് കൊണ്ട് പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയൊളവാക്കുന്നു ഈ പരിശോധന ഇല്ലെങ്കിൽ നമുക്ക് സ്ഥിരത ഉണ്ടാവില്ല ഞാനൊക്കെ ചെറിയ ജക്കു കഴിഞ്ഞ ദിവസം അവന് ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ ഓസ്ട്രേലിയയിൽ ദൈവം അവന് എത്തുവാനിടയാക്കി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സഭയുടെ പ്രാർത്ഥന ആക്കിയായിട്ട് ഞാൻ നന്ദി പറയുന്നു അവിടെയും ഇവൻ പോകുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനുണ്ട് അവിടെ ഒരു ഹോസ്റ്റൽ അഡ്മിഷൻ ഇല്ല ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അലോ അവസാനത്തെ അലോട്ട്മെൻറ്റ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കൺഫേം ചെയ്യേണ്ടത് അതും കൺഫേം ചെയ്തില്ല അപ്പോൾ അവർ അവിടെ ലെറ്ററിനകത്തുന്നുണ്ട് ഇത്ര ദിവസം പതിമൂന്നാം തീയതി വരെ കൺഫേമേഷൻ വന്നില്ലെങ്കിൽ ഇല്ല അഡ്മിഷൻ ഇല്ല എന്ന് വിചാരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം പുറത്ത് പോയി താമസിക്കണം ഇതൊരു വില്ലേജ് അവിടെ നിന്ന് ആറോ ഏഴോ കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് ഒരു ഏതെങ്കിലും ഒരു ഒരു പേയിങ് ഗസ്റ്റായിട്ട് പി ജി അക്കോമഡേഷൻ സംഘടിപ്പിക്കണം അത് വളരെ എക്സ്പെൻസീവാണ് ഓസ്ട്രേലിയത് വളരെ ഹോസ്റ്റൽ അക്കോമഡേഷൻ ഇരട്ടിയോളം ചിലവ് അപ്പോൾ ഞാൻ ഈ സാഹചര്യങ്ങളെല്ലാം ദൈവംഭാഗം വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഒരു മറുപടി വന്നില്ല അപ്പോൾ എന്ത് ഏതളവിൽ വലിയ പരീക്ഷ വന്നു അവനെ ഞങ്ങൾ കത്താവിനോട് അവസാനം പ്രാർത്ഥിച്ചു കത്താവേ അങ്ങനെ അറിയുന്നു സാഹചര്യങ്ങളും അവിടുത്തെ ചിലവുകളും എല്ലാം അറിയുന്നു ആ ഹോസ്റ്റൽ അക്കോമഡേഷൻ വളരെ ആവശ്യമായിരുന്നു എങ്കിലും അങ്ങ് ചോദിച്ചില്ല അപ്പോൾ എന്തിനായിരിക്കും ആ ഹോസ്റ്റൽ അവിടെ അവിടുത്തെ സാഹചര്യങ്ങൾ പക്ഷേ അവൻ്റെ ആത്മീയ ജീവിതത്തെ ഒരുപക്ഷെ വിപരീതമായി ബാധിക്കുമെന്ന് അങ്ങ് അറിയുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഉണ്ട് അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഈ കാര്യങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു വെത്താവേ ഞങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നു കാരണം അങ്ങ് തന്നെ അഡ്മിഷനും ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതെങ്കിൽ അതിനുള്ള മുഖാതരങ്ങളും ഇവനിപ്പോൾ ഇവിടുന്നൊരു സിമ്മ് ഒക്കെ എടുത്താൽ ഓസ്ട്രേലിയയിൽ ചെന്ന് അവനെ വിളിക്കാൻ സാധിക്കുന്നവരിൽ ഇവിടുന്നൊരു ബോഡാഫോണിൻ്റെ സിമ്മൊക്കെ ആയിട്ടാണ് പോയത് അവിടെ ചെന്ന് അത് ആക്ടിവേറ്റ് ചെയ്ത ഉടനെ അവൻ മെയിൽ നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ചെന്ന് ഇറങ്ങി ഓസ്ട്രേലിയയിൽ ചെന്ന് ഇറങ്ങി ആദ്യത്തെ മെസ്സേജ് ഹോസ്റ്റൽ അക്കോമഡേഷൻ ആയിട്ടുണ്ട് ദൈവത്തിന്റെ സ്തോത്രം കാരണം ഇതെല്ലാം ഞാനപ്പം അവിടെയും അവനും ഇതുതന്നെ കണ്ടെത്തി അപ്പോൾ നമുക്ക് അന്ന് തന്നിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു വിശ്വസിക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും സന്തോഷിക്കാനും കഴിയുമെല്ലാവരുന്ന ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്നാ കുഞ്ഞിനും ൊരു ബോധ്യം കഥാവ് കൊടുത്ത് ഞങ്ങൾക്ക് അത് അനുഗ്രഹമാണ് അപ്പം പല പരീക്ഷകളും പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാത്തത് ഈ അരിസോണയിലെ മരങ്ങളെപ്പോലെ വലിയൊരു നിരം പതിര പോകാതെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതിനാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളോ വിപരീതമായ കാറ്റുകളോ ദൈവം അനുവദിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ദൈവത്തെ വിശ്വസിക്കാം ഇന്ന് കേട്ടത് പോലെ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ അങ്ങേക്ക് തെറ്റ്